അള്ളാഹു സുബാനഹൂവ ചഹാലയുടെ ദൂതനായ മറിയമ്മിന്റെ മകൻ ഐസ അലഹിസലാമിനെ ഞങ്ങൾ കൊന്നു എന്നവർ പറഞ്ഞത് കാരണവും നാം അവരെ ശിക്ഷിച്ചു എന്നാൽ അവർ അദ്ദേഹത്തെ കൊന്നില്ല ക്രൂശിച്ചതുമില്ല പക്ഷേ അവർക്ക് അങ്ങനെ തോന്നിപ്പിച്ചു അതിൽ അഭിപ്രായ തീർച്ചയായും സംശയത്തിലാണ് ഊഹങ്ങളെ പിന്തുടരുക എന്നതല്ലാതെ അതിൽ അവർക്ക് യാതൊരു അറിവുമില്ല അവർ അദ്ദേഹത്തെ ഉറപ്പായും കൊന്നിട്ടില്ല